ൂപന്തചിന്യൈഭവം തന്നരംബപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഹരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീം വ്യോമവത്വ്യേഹിമൂർത്തമതിമധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണത്തി പുരുഷോ നസം നീക്കം നോ വികാരം നിജനിമരണം നംപം തം നോ തേക്കം സഹജ സമരസം സദ്ഗുരും തം നമു സദാശിവസമാരംഭാ ശമധ്യമാസ്മദാര്യപര്യം വന്ദേ ഗുരുപരംപരാം युवानं മൗനവ്യാഖ്യകട്രഹ്മത്തം യുവാന വർഷിഷ്ടേവ സദർശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിത ചിന്മുദ്രമാനന്ദമൂർത്തിമാമുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകേതയേ ശാത്തവാദിന്ദ്രസംഘവേ യോഗീന്ദ്രവ്യ മോഹധ്വാതരാഗവത്പഭിത്തം ബിഭ്രം തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി अपार അപാര സച്ചിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദ ചിന്തയാഹമൃണ്യവ്ജടാത്മകഹം ബുദ്ധിസ്ത്യത്തോ നഹം താത്മസദ്ഭാവത ാവയു കൂതോ വരധയാ ദൃഷ്ട്ത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധാധേ കവളിതഘന വിശ്വകിരണാവലിയരുണാചല പരമാരുണോ ഭിത്തകുവിസാ രുണാച്ചം ഭൂ സ്ഥിവാം ഹൃദ്യഹമത്മതയാൃത്യസി ഭോ തേ വൃദയം നാമ അഹമതി കഷ്യന്ത പ്രവിഷ്ടയാമലധിയാവഗമ്യസ്വം ൂപ്പം ശാമ്യരുണാചല ിനീവാധൗ തയ്യാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസ്യയൻ പശ്യത്തിരുണാചലി മഹീയം തേ ർപ്പമനസം പശ്യൻസം തമാതം ഭജത്തെ അനന്യീ സജയത്യരുയസുഖേ മഗ്നഹ ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹിത് സാക്ഷാ ആത്മരുപേണ ഭാതി ഹൃദി വിഷ മനസാ സ്വൺവതജതം പവന ചലന രുധാത്മനിഷ്ടോഭവസ് ജഗത്സവം യന്നേവ പ്രലീയതേദം ധാരയത്തെ ചൈവ തസ്മൈ ജാത്മനേനമഹം പ്രജാനം ശുപ്രദ സ്ഥിരനികരവ്യവ്യാപ്യലോകാൻ ഭുക്ോൻ സ്ഥിഷാൻ പുനരപ്പ ധിഷണോ ഭാസിതാൻ കാമജനിയൻ പീതി സർവാൻ വിശേഷാൻ സ്വപിതി മധുരപുങ് മായാ ഭോജയഹ്യീയം പരമൃതം അജം ബ്രംഹയത്തന്നോസ് ോണ പ്രഭം സോമകലാവസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രണപ്രിയം നൗമിപ്പി നാകണേ കോണത്രയസ് കൂലൈവതം നഹം നമാമിഖാലകുന്ത ഭസന്ർവാപണസുധാനീ ചൂടോത്തംസിച്രചാരുക്കളികഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ജക്ഷി ഭാസ്വരോ ലീലാദഗവിലോലക ശലഭശ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജത പരമോഹതിരപ്രാഗ്ഭാരമുച്ചാടയൻ ചേട്ട സദ്മനിഗി വിജയത്തെ ജാനപ്രദീപോഹര ോജവദുജസ്കം സി സിധി കന കാദിരാജസ്തു മൂക്കാമപ്പുറത്ത സുരധുനീനീകാശവാഗൈഭവം ശ്രീകക്ഷീനഗരീവിഹാര शोका सताम एका ശോകാഹന്ത്രീ സേകാണ്യപരം പരാ പശുപത്തെ ആകാരണീ രാജത്തെ യോന്ത് പ്രവിശ്യ മമവാചമാസുപ്ത സഞ്ജീവയഖില ശക്തിധരസ്വധരണശ്രവത്വാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാ യുഭ്യം രി ഓ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ ഭഗവത അഷ്ടാദാധ്യംബ നുസന്ദി भगवद्गीते नमोस्तुते व्यास विशाल ഭഗവത്ഗീതീ നമോസ്തു തേവ്യാസവിശാലുദ്ധി ഫുൽ ബിന് പത്രേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലിമയ പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണേ कृष्णाय ീതൃഹേണോപനിഷദോ ഗാവോ ദോപനന്ദന പാർോ വത്സുധീർവോക്ുഗ്ധം ഗീതമൃതമഹത് വസുദേവസാണൂരമർ ദീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം കോതി വാചാ പങ്കും ലംഘയത്തെ ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവ്യൈസൈ സ്രമോപനിഷദൈ ഗായഗാ ദ് മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണാസ്മൈ നമ പാർസാരതിരുപേണ ശ്രാവി ശുഭി പാർയാർത്തി ഹോ ദൂർത്തി ശ്രീമദ്ഭഗവദ്ഗീതൈൽ പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് ഇതെല്ലാവർക്കും അറിയുന്ന വിഷയം ഇതിൽ ജ്ഞാനം കർമ്മ ഭക്തി ജ്ഞാനം എന്നു മൂന്നു വിധത്തില് ആദ്യത്തെ ആറധ്യായം കർമ്മമെന്നും രണ്ടാമത്തെ ആറധ്യായം ഭക്തി മൂന്നാമത്തെ ആരാധ്യായം ജ്ഞാനമെന്നും മുഖ്യത്വം പ്രാമുഖ്യം കൊണ്ട് തിരിച്ചു പറയാറ് അതേപോലെ മഹാവാക്യവിചാരമായിട്ടും ആദ്യത്തെ ആറാധ്യായം ത്വംപദം രണ്ടാമത്തെ ആരാധ്യായം തത്പദം അവസാനത്തെ ആരാധ്യായം അസിപദം പറയാറുണ്ട് ഇതൊക്കെ തന്നെ ആചാര്യന്മാരുടെ അഭിപ്രായമാണ് ഇതിനൊന്നും ഭഗവത്ഗീതയിൽ അന്വേഷിക്കാൻ പറ്റില്ല ഭഗവത്ഗീത എന്താണ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ചുരുക്കി ഒരു കാര്യം പറഞ്ഞാൽ ശങ്കരാചാര്യർ ഒരു കാര്യം പറഞ്ഞു വേദോ നിത്യം അധീയതാം വേദം ദിവസം പഠിക്കണം എന്നാണ് വേദം എങ്ങനെ പഠിക്കും വേദം എല്ലാവർക്കും പഠിക്കാനൊക്കില്ലല്ലോ എന്ന് വെച്ചാൽ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ഗീതാശാസ്ത്രം എന്ന് ശങ്കരാചാര്യരെ തന്നെ പറഞ്ഞു വേദത്തിൻ്റെ അർത്ഥത്തിന്റെ സാരം സംഗ്രഹിച്ചെടുത്തിട്ടുള്ളതാണ് ഭഗവത്ഗീത അതുകൊണ്ട് ഗീതാധ്യയനം വേദാർത്ഥ അനുസന്ധാനമാണ് വേദാർത്ഥത്തിനെ പറയാനായിട്ടാണ് പുരാണങ്ങളൊക്കെ വേദത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് നമുക്ക് പറഞ്ഞു ഈ പുരാണങ്ങൾ ഭാഗവതമോ ഒക്കെ വേദാർത്ഥ ഉപബ്രഹ്മണം എന്നാണ് പറയുക അതായത് വേദത്തിന്റെ അർത്ഥത്തിനെ അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളുടെ ഉള്ളില് സന്നിവേശിപ്പിക്കാനായിട്ടാണ് ഭാഗവതം മുതലായ പുരാണങ്ങളൊക്കെ വേദം നേരെ അങ്ങോട്ട് പഠിച്ചാൽ പോരെ എന്ന് വെച്ചാൽ ചിലപ്പോൾ സാരം കിട്ടല അതുകൊണ്ട് വേദാർത്ഥം മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്ന ആചാര്യർക്ക് ഒരു കൗശലം വേണം അത് ആചാര്യൻ പറയുമ്പോൾ ഗ്രഹിക്കാൻ ശിഷ്യനൊരു കൗശലം വേണം ഇങ്ങനെ കൗശലക്കാരനായൊരു ആചാര്യനും കൗശലക്കാരനായൊരു ശിഷ്യനെയും കണ്ട് ശ്രുതി പറയണു ആശ്ചര്യം ആശ്ചര്യോ വക്ത കുശലോ സലബ്ധ ആശ്ചര്യോ ജ്ഞാത ആചാര്യൻ ആശ്ചര്യം ശിഷ്യനും ആശ്ചര്യം ആചാര്യൻ കുശലനാണ് ശിഷ്യൻ കുശലനാണെന്ന് പറഞ്ഞ ശ്രുതി കുശലൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താന്ന് വെച്ചാൽ ദർഭ പറിക്കുമ്പോൾ കൈ മുറിയാതെ പറിക്കാൻ കഴിയുന്ന ആൾക്ക് പേരാണ് കുശലൻ നമ്മൾ മലയാളത്തില് കൗശലം എന്നുള്ള വാക്ക് സൂത്രം സൂത്രം കാണി എന്ന് പറയുന്ന പോലെ കൗശലക്കാരനായ കുറുക്കൻ എന്നൊക്കെ പഠിക്കും അല്ലേ പക്ഷെ ആ വാക്കിന്റെ അർത്ഥം കുശം പറിക്കുമ്പോ കൈമുറിയാതെ പറിക്ക എന്നേ ഉള്ളൂ കുശാൻ ലാ കുശല അതുപോലെ ഈ വാക്ക് കേൾക്കുമ്പോ വാച്യാർത്ഥത്തില് വീണു പോവാതെ അന്തരാർത്ഥത്തിനെ ലക്ഷ്യാർത്ഥത്തിനെ ഗ്രഹിക്കാനുള്ള പക്വത്തെ ഉള്ള പക്വതക്കാണ് കൗശലം എന്ന് പറഞ്ഞത് ആ കൗശലമുണ്ടെങ്കില് വേദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആചാര്യനും പറഞ്ഞുതരും ശിഷ്യനും കേൾക്കും എന്താ അതിന്റെ ലക്ഷ്യം സനത്സുജാതടുത്ത് ധൃതരാഷ്ട്രോട് ചോദിച്ചു മഹാഭാരതത്തിൽ ഏയ് വേദം പഠിച്ചാ പോരേ എന്തിനാപ്പോ ഈ ലക്ഷ്യമൊക്കെ അറിയണത് ചോദിച്ചു അപ്പൊ സനത്സുജാതൻ പറഞ്ഞു വേദം മാത്രം പഠിച്ചാൽ ചിലപ്പോൾ ഇതിനെ ലക്ഷ്യം അറിയണമെന്നില്ല വളരെ അദ്ഭുതമായൊരു ശ്ലോകമാണ് സനസ് ജാതീയത്തില് വേദത്തില് ചിലപ്പോൾ വേദം കിട്ടില്ല എന്ന് വേദേ വേദോ വിദ്യത്തെ പരാത്മാവേദ്യത്തെ ഏന് സവേദോ വേദ ഏതൊന്നുകൊണ്ടാണോ ആത്മാവനെ അറിയുന്നത് ഭഗവാനെ അറിയുന്നത് ഭഗവത് അനുഭൂതി ഉണ്ടാവുന്നത് സവേദോ വേദ ഉച്ച ചതു അഭിയോ വിപ്രഹ സൂക്ഷ്മം ബ്രഹ്മ ന വിന്ദ്രാക്രാന്ത സവൈ ബ്രാഹ്മണ ഗർഭ എന്ന് പറയാം ചിത്തഭരണ പോലെ തോന്നുന്നു നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പക്ഷെ പറഞ്ഞതാണ് ചതുർവേദിയോ വിപ്ര നാല് വേദമും അധ്യയനം ചെയ്തിട്ട് ബ്രഹ്മയോണജാനാത്തി ആര് ബ്രഹ്മജ്ഞാനത്തിന് ഭഗവത് സാക്ഷാക്ക് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ടോ ഭക്തി അത്രയേ ഭഗവത് അനുഭൂതി ഭഗവത് സാക്ഷാക്കാരൻ അത് ആർക്ക് സാധിച്ചില്ലയോ അയാള് വേദമെന്ന് പറയുന്ന ചുമട് വഹിക്കുന്ന ആളാണെന്ന് കഴുതാന്നൊക്കെ പറഞ്ഞത് വെറുതെ ഒരു ഫ്രീഡം കൊണ്ട് പറഞ്ഞതാ സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞതാ അപ്പോ അതിന്റെ സാരം നമുക്ക് ആത്മാനുഭവമാണ് ആത്മസാക്ഷാത്കാരമാണ് ആത്മജ്ഞാനമാണ് അതാണ് ലക്ഷ്യമെന്ന് വെച്ചുകൊണ്ട് ആചാര്യൻ പറയണം അപ്പൊ ആചാര്യൻ കുശലനാണ് അതാണ് ലക്ഷ്യമെന്നുള്ളില് വെച്ചുകൊണ്ട് ശിഷ്യൻ അഥവാ ശുശ്രൂഷു മുമുക്ഷു കേൾക്കണം അപ്പൊ ആ മുമുക്ഷുവിലും ഈ കൗശലം ഉണ്ടാവും ഉള്ളിലെ വിരി ഭാഗവതത്തിൽ ഇതിനൊക്കെ ശ്ലോകങ്ങളുണ്ട് എങ്ങനെയാ പറയേണ്ടത് ചോദിക്കുമ്പോ യഥാ ഭക്തിർ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യത്തി എങ്ങനെ പറഞ്ഞാലാണോ കേൾക്കുന്നവർക്ക് ഭഗവത് അനുഭൂതി ഭക്തി ഉണ്ടാവുക ഇതി സങ്കല്പ്യ തഥാ സങ്കല്പ്യ വർണ്ണയ എന്നാണ് ലക്ഷ്യമതാണ് കേൾക്കുന്നവർക്ക് നേരിട്ട് ഈ വസ്തു അങ്ങോട്ട് കിട്ടണം ഇത് അവരുടെ ഹൃദയത്തില് പോകണം എന്ന് ആചാര്യനൊരു നിയമം കേൾക്കുന്നവർക്കോ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഭുമുക്ഷുത്വം എന്ന് ഒന്നേ ഉള്ളൂ ഈ ഇത്തര കാലമായി അടഞ്ഞുകിടക്കുന്ന ഒരു ദ്വാരം തുറക്കണമെന്നാണ് എന്താ ദ്വാരം എന്ന് വെച്ചാൽ ചെവിയില് നമുക്ക് പല വിഷയങ്ങൾ കേൾക്കുമ്പോൾ അർത്ഥാവും അല്ലേ ചാപ്പാട് എന്ന് പറഞ്ഞാൽ അർത്ഥാവും സിനിമ എന്ന് പറഞ്ഞാൽ അർത്ഥാവും രാഗദ്വേഷ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പേപ്പറിലുള്ള വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ അർത്ഥാവും പക്ഷെ ആത്മാ ബ്രഹ്മ നമ്മളുടെ സ്വരൂപം മോക്ഷം ഭക്തി ഭഗവത് അനുഭവം എന്നൊക്കെ പറയുമ്പോ അർത്ഥമേ ആവണില്ല എന്താന്ന് വെച്ചാൽ അതിനെ ഡീകോഡ് ചെയ്യാനുള്ള സെന്റേഴ്സൊക്കെ ക്ലോഗാണ് ഉള്ളിൽ എന്നാണ് അതൊക്കെ മറ അടഞ്ഞുകിടക്കുക അപ്പൊ അതൊക്കെ തന്നെ തുറക്കുന്നതിനാണ് ചിത്തശുദ്ധി എന്നു പേര് ചിത്തം ശുദ്ധമായി കഴിയുമ്പോ എന്താവും കർണനാടിയും പുരുഷസയാത ഭപ്രദാം ഗേഹരത്തിനത്തി ചെവിയിലുള്ള ഒരു നാടി തുറക്കത്ര അത് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആസക്തി ഒക്കെ പോയി ഭഗവത് അനുഭവം ആത്മാനുഭവം ജീവിതത്തിന്റെ പൂർണ്ണത്വം നാസ്തികനായിട്ടുള്ള ആൾക്ക് പോലും ഒരു ആവശ്യമുണ്ട് എന്താ ജീവിതം അയാളുടെ നാസ്തികത പോലും ഒരു ഭക്തിയാ ചാറുവാകൻ എന്തിനാപ്പം നാസ്തികനാവണത് ചാറുവാകൻ പറയണത് എനിക്ക് എല്ലാം നിഷേധിച്ചാലേ ഭഗവത് അനുഭവം സുഖമുള്ള അയാളുടെ സുഖമാണ് പറയണതേ അയാളുടെ സുഖം നമ്മളുടെ ഭഗവാൻ തന്നെയാണ് ചാറുവാകൻ പറയണത് ഇതിനെ മുഴുവൻ നിഷേധിച്ചാലേ എനിക്ക് സുഖമുള്ളൂ ആയിക്കോട്ടെ സുഖം അപ്പൊ സുഖം എന്നുള്ളത് നിർവിശേഷമായ സുഖത്തിനെ നമ്മൾ അറിയാതെ അന്വേഷിച്ചു കൊണ്ടിരിക്കണു അത് എവിടെ കിട്ടും ഇവിടെ അവിടെ കിട്ടും അവസാനം നമുക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവും സുഖമെന്ന് പറയണത് വേദോ വേദ വേദോന വിദ്യതെന്ന് പറഞ്ഞ പോലെ സുഖത്തിൽ സുഖമില്ല എന്ന് മനസിലാവും എന്താ സുഖത്തില് സുഖമൊന്നും എന്ന് മനസ്സിലാവും ഈ സുഖം എന്ന് പറയണത് നമ്മളെ ഡ്രെയിൻ ഔട്ട് ചെയ്യാണ് അശാന്തിപ്രദമാണ് ലോകത്തില് ഏറ്റവും അധികം സൂയിസൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ സുഖമായിട്ടിരിക്കുന്ന ആളുകള നിങ്ങള് അതിനെ കുറിച്ച് ഒന്ന് ആരാഞ്ഞു നോക്കിയാൽ അറിയാം ഒരുപാട് സുഖിച്ചു കഴിഞ്ഞാൽ അവസാനം കിട്ടിയ മരത്തിലോ കഴുക്കോലോ കെട്ടി തുങ്ങിച്ചാവും എന്താന്ന് വെച്ചാൽ സുഖം എന്ന് പറഞ്ഞ് നമ്മൾ ധരിക്കണത്തെ ഇറ്റ് ഈസ് ഓൺലി സ്കിൻ ഡീപ്പ് അതിനു ചോട്ടില് പോലത്തില് തൊടുണേലെ ഹൃദയത്തിന് സ്പർശിക്കാത്ത സർഫസിലുള്ള ഈ പ്ലഷർ അത് നമ്മളെ അവസാനം അശാന്തിയിലും എന്തോ ഒരു വല്ലായ്മ ഒരു ശൂന്യത ഉള്ളിലുണ്ടാക്കും അതുകൊണ്ട് സുഖമല്ല നമ്മൾ അന്വേഷിക്കണ സുഖം നമ്മൾ അന്വേഷിക്കണത് വേറെ എന്തോ ആണ് ഫുൾഫിൽമെന്റ് ആനന്ദം എന്നതിന് ശ്രുതി പേര് പറഞ്ഞു ആനന്ദം എന്ന് പറഞ്ഞാൽ ആളുകൾ സുഖം എന്നാണ് ധരിക്കണത് പലപ്പോഴും ഒരു ഒരു തുള്ളിച്ചാടലൊക്കെയാണ് മനസ്സിൽ തോന്ന അത് നിറവ് പൂർണത്വം അത് നമ്മളുടെ സ്വരൂപമാണ് അത് നമ്മളാണ് അത് പുറമേ നിന്നും നേടിയെടുക്കേണ്ട കാര്യമല്ല പുറമേ നിന്നും വരുന്നതൊക്കെ പോയി കളയും എന്ത് പോയിക്കളയുമോ അത് നമുക്ക് നിശ്ചയമായിട്ടും എന്തെങ്കിലും ഒരു ദിവസം ദുഃഖം തരും ഇത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ സുഖിക്കുമ്പോ തന്നെ ആർക്കും സമാധാനം ഇല്ല കാരണം അവർക്കറിയാം ഇത് എന്തെങ്കിലും പോകുന്നു ചതിക്കുമെന്നറിയാം അല്ലേ എല്ലാവർക്കും അറിയാം ഇങ്ങനെ നമ്മൾ ലോകത്തിലെ ആളുകളെ കണ്ടുകൊണ്ടു പോകുമ്പോൾ അധികം പേർക്കും സുഖമായിട്ടിരിക്കുമ്പോഴും സമാധാനമില്ല എന്താന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും പോവോ എന്നാണ് ഭർത്താവ് മരിച്ചു പോവോ ഭാര്യ മരിച്ചു പോവോ കുട്ടിക്ക് എന്തെങ്കിലും ആവോ എന്താന്ന് വെച്ചാൽ സംയോഗജാതമായിട്ടുള്ളതിനൊക്കെ വിയോഗം ഉണ്ട് നമുക്കറിയാം ഇതിനൊന്നും വലിയ വേദാന്ത പുസ്തകമൊന്നും ആവശ്യമില്ല മനുഷ്യനുള്ള വിവേകം കൊണ്ട് തന്നെ ഇതറിയാം ഇതിന് പരിഹാരം ഉണ്ട് നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ഉണ്ടെന്നറിയണത് കൊണ്ട് സമാധാനമില്ല യാജ്ഞവത്യൻ മൈത്രിയോടതാണ് പറഞ്ഞത് എന്തൊക്കെ നീ ആശ്രയിക്കണോ അതൊക്കെ തന്നെ വിട്ടുപോകും ദുഃഖം തരും വൈകുന്നേര സമയത്ത് ഭഗവത്ഗീത കേൾക്കാൻ വന്നിരുന്നിട്ട് ഇതൊക്കെ ചെവിയിൽ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ അല്ലേ പക്ഷെ പേടിക്കണ്ട അതിനുള്ള നിവൃത്തിയാണ് അന്വേഷിക്കുന്നത് യതിജന്മചരാ മരണം ന ഭവേത്ത് ഇഷ്ടവിയോഗ ഭയം ന ഭവേത് നിത്യം ഇതം നന്മനി കസ്യന്റെ ഒരു ചോദ്യമാണത് ഗീതയില് ഭഗവാൻ പറയു ജന്മ മൃത്യു ജറ വ്യാധി ദുഃഖ ദോഷാനുദർശനം ഈ ദോഷങ്ങളൊക്കെ മുമ്പില് കാണുമ്പോ ഈ ദോഷമില്ലാത്ത നിർവൃത്തി ശാന്തി ഫുൾഫിൽമെന്റ് ഏതോ ഒന്ന് തട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആവണു അങ്ങനെ ഒരു സുഖം നിർവിശേഷമായ സുഖം അതിനെ ശാന്തിയെ ആനന്ദത്തിനെ നമ്മളുടെ സനാതനധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ തന്നെ അതാണ് ആനന്ദാദ് ജായന്തേ ആനന്ദേന ജാതീ ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന് അവിടെ അവസാനിച്ചു എല്ലാത്തിനെയും അന്വേഷിച്ചു കൊണ്ടുവന്ന് ആനന്ദത്തിൽ അവസാനിച്ചു ആനന്ദം എങ്ങനെ ഉണ്ടാവും ആത്മജ്ഞാനം കൊണ്ട് ആനന്ദം ഉണ്ടാവും എന്ന് പറഞ്ഞു ജീവിതത്തിന്റെ ലക്ഷ്യമൊപ്പൊ എന്താ ആനന്ദമാണ് അതിനുള്ള ഉപായം എന്താ ജ്ഞാനമാണ് പിന്നെയോ സനാതനധർമ്മം മുഴുവൻ ഇതിൽ അവസാനിച്ചു നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എല്ലാത്തിനെയും പർപ്പസ് എന്താണ് ഈ അനുഭൂതിയാണ് ഒരു മന്ത്രണ്ട വേദമന്ത്രം മഴ പെയ്യണത് എന്ന് ഋഷി ചോദിക്കുക സസ്യ വനസ്പതികള് വനസ്പതികൾ ഓഷതികളൊക്കെ അതുകൊണ്ട് എന്താ പ്രയോജനം ഭക്ഷണം ശരി ഭക്ഷണം കഴിച്ചാൽ എന്താ ബലം ഉണ്ടാവും തപസ് തപസ് ചെയ്ത എന്താ പ്രയോജനം നമ്മളുടെ ഉള്ളിൽ സൂക്ഷ്മമായ ഒരു ഇന്റലിജൻസ് ഇറ്റ് വില് അവൻ ശ്രദ്ധ എന്ന പേര് ശ്രദ്ധയുണ്ടായാൽ എന്താവും ഉപനിഷത്തൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുമെന്ന് മാത്രല്ല കേൾക്കുമ്പോ തന്നെ അത് എന്തു പറയണോ അത് അനുഭവമാവും ആത്മാനുഭൂതി ഉണ്ടാവും പോതി പറഞ്ഞത് ഭക്ഷണം കഴിക്കണത് എന്തിനാന്ന് വെച്ചാൽ ആത്മജ്ഞാനം നേടാനാണ് യാതിയസ്ഥപതിരശ്ഭസ്താഭ പജന്യോ വർഷത്തി പർജന്യോഷധി വനസ്പതയ പ്രജാൻ തേഷിവനസ്പതിരന്ന അന്നലേന തപസ്തപസാ ശ്രദ്ധ േധാമേധയാ മനീഷാ മനീഷയാ മനോ മനസാ ശാതി ശാന് ചിത്തം ചിത്തെന സ്മൃതിഗസ്മൃ സ്മാരഗസ്മാരേണ വിജ്ഞാനം വിജ്ഞാന ആത്മാനം വേദയതി തസ്മാ അന്നദത്ത് സർവാരി ദതി വിശന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അന്നം കൊടുത്തു കഴിഞ്ഞാൽ ആരു കണ്ടു ചിലപ്പോ അയാൾ ആ ഉരുപ്പിടി ഇല്ലേ ആ ബുദ്ധൻ ആഹാരം കിട്ടാതെ തപസ് കൊണ്ട് ശോഷിപ്പിച്ച് ശരീരം ശോഷിപ്പിച്ചിട്ട് അവസാനം ആ ചതുർദ്ദശി ദിവസം ഒരു പെൺകുട്ടി കൊണ്ടുപോയി ഇത്തിരി ആട്ടിന്റെ പാല് കൊണ്ട് കൊടുത്തു ആ പാല് കുടിച്ചു കഴിഞ്ഞത് നിശ്ചയിച്ചങ്ങനെ സമാധിയിലിരുന്നു എന്നാണ് പറഞ്ഞത് ബുദ്ധന്റെ കഥ അതിന് ബലം കിട്ടിയത് ആ പാൽ ഒരു ചൊമ്പു പാല് അന്നം ദ സർവാണി ഏതാണ് ദദാത് ആ അന്നത്തിൽ നിന്നും ചിലപ്പോ ജ്ഞാനം തന്നെ ആത്മാനുഭൂതി തന്നെ കെട്ടിപ്പോയക്കാം ഒരന്നം കൊടുക്കുമ്പോ അയാൾക്ക് ഹൃദയത്തിന് സുഖം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്ത അന്നം നിവേദ്യമായിട്ട് തീരും അപ്പോ സനാതനധർമ്മം മുഴുവനും ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗീത സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണെന്ന് പറഞ്ഞു പതിനെട്ടാമത്തെ അധ്യായം ഈ അധ്യായത്തിന് വ്യാസഭഗവാൻ തന്നെ വെച്ച പേരാണോ നമുക്ക് നിശ്ചയില്ലെങ്കിലും ഇപ്പൊ നമ്മൾ വ്യവഹരിക്കുന്നത് മോക്ഷ സന്യാസ യോഗം എന്നാണ് സന്യാസം എന്ന് വെച്ചാൽ വിടുക മോക്ഷ സന്യാസം എന്ന് വെച്ചാൽ മോക്ഷത്തിനെ സന്യാസിക്കുക എന്നാണോ എന്ന് മുമ്പ് തന്നെ വന്നു മോക്ഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം അത് നമ്മളുടെ സ്വരൂപമാണ് അതിനെ അറിഞ്ഞു കഴിയുമ്പോ ആര് ജ്ഞാനിയോ അവൻ സന്യാസിയാണ് പരമഹംസനാണ് അവൻ ജ്ഞാനത്തിന്റെ ബലം കൊണ്ട് ആത്മാവല്ലാത്ത വസ്തുക്കളെയൊക്കെ സന്യസിക്കും തുടച്ചു നീക്കും ത്യാഗം ചെയ്യും നാച്ചുറൽ ആയിട്ടും നോൺ എസെൻഷ്യൽസൊക്കെ താനെ വീണു പോകും അവസാനം നിർവിശേഷമായിട്ട് നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിക ഒന്നും ഉപേക്ഷിക്കാനില്ലാത്തൊരു സ്ഥിതി നോക്കൂ ജീവിക്കാൻ മാത്രം പഠിച്ച പോരായിരിക്കും ഇപ്പൊ ആരോടും ആരോടും വിരോധം കൊണ്ട് പറയല്ല പലരും അവർ നമുക്ക് കൂട്ടുകാരാണ് ആർട്ട് ഓഫ് ലിവിംഗ് നമുക്ക് വളരെ അടുത്തവരാണോ പക്ഷെ ആർട്ട് ഓഫ് ഡൈയിങ് വളരെ മുഖ്യമാർട്ട് ഓഫ് ഡയിങ് ഉം ഭാഗവതത്തില് പരീക്ഷത്തിന് ഒരു മരണമല്ലേ പരീക്ഷത്തിന് മരണം നോക്കുമ്പോ നമുക്കിപ്പോ ക്ലാസ് എടുക്കേണ്ടത് ഇതൊക്കെയാണ് അല്ലാതെ നമുക്ക് ചൊവ്വയിലേക്ക് പോവാനും ചന്ദ്രനിലേക്ക് പോവാനും മുഖ്യമല്ല ജീവിക്കാൻ ക്ലാസ് എടുക്കണം മരിക്കാനും ക്ലാസ് വേണം ഉം മരിക്കുമ്പോ ശാന്തമായിട്ട് മരണത്തില് യാതൊരുവിധ വിഷമില്ലാതെ പോണെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ മരിക്കുന്നതിനു മുമ്പ് എന്തുവേണം മരിക്കുന്നതിനു മുമ്പ് മരിക്കണം മരിക്കണതിനു മുമ്പ് ആര് മരിക്കുന്ന ഒരു കൗശലം സമ്പാദിക്കുന്നു അവന് മരണത്തിനെ ഭയമല്ല ഇതൊരു മഹാവാക്യം പോലെ എഴുതി വെച്ചോളാം ഉള്ളിനെ മരിക്കുന്നതിന് മുമ്പ് ആരും മരിച്ചിരിക്കുന്നു അല്ലെ രാമനെ കണ്ടിട്ട് രാമായണത്തില് ഭരതൻ പറയാണ് രാമൻ പറയാ പട്ടാഭിഷൊക്കെ വിട്ടു കാട്ടിലങ്ങനെ ഗംഭീരമായൊരു സീനാണ് ഭരതനങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും അയോധ്യാവാസികളും കാട്ടിലുള്ള കുരങ്ങന്മാരും മൃഗങ്ങളും ഋഷികളും ഒക്കെ ഒരു രാജാവിന്റെ മകനെ കണ്ടു മോഹിച്ചു പോയെങ്കിൽ പോകുന്നു എന്നാണ് രാമായണത്തിലെ കഥ അല്ല അതൊരു വലിയ ആശ്ചര്യമാണ് എന്താണ് ഈ രാജകുമാരനിൽ ഒരു അദ്ഭുതമുള്ളത് എന്നാണ് യോഗവാസിഷ്ടം തുടങ്ങുമ്പോ വാൽമീകിയോട് ഭരദ്വാജൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയോ രാജകുമാരന്മാര് വന്നിരിക്കുന്നു എത്രയോ രാജാക്കന്മാര് വന്നിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു ഇയാൾക്ക് ഇപ്പൊ പ്രത്യേകത രാജ്യത്തിലുള്ള അയോധ്യാവാസികൾ മുഴുവൻ ഇയാളുടെ പുറകെ മാത്രമല്ല എത്ര ഏട്ട അനിയന്മാരുണ്ടായിരിക്കണില്ലേ കണ്ടുകൂടാ രണ്ടു പരസ്പരം ദ്വേഷമാണ് അങ്ങനെ ഇരിക്കുമ്പോ ഈ ഏട്ടന് വേണ്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് പോണു ഒരു അനിയൻ ലക്ഷ്മണൻ ഇല്ലേ ഇതിന്റെ ഒക്കെ സീക്രട്ട് എന്താണ് എന്നാണ് ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുമ്പോഴാണ് വാൽമീകി പറയണത് രാമൻ ജീവൻ മുക്തനാണ് ജ്ഞാനിയാണ് സാക്ഷാത്കാര സമ്പന്നനാണ് അതൊക്കെ അവതാരമാണെന്നുള്ളതൊക്കെ വേറെ വിഷയം ആ രാമൻ എല്ലാം വിട്ടിട്ട് കാട്ടിലിരിക്കണം സന്യാസം എന്ന് പറയണത് വളരെ ലാഘവത്തോടു കൂടെ ദേവന്മാരു പോലും ആശിക്കുന്ന തെക്ക്വാസുതുസ്ത്യജ സുരേപ്സിത രാജ്യലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവചാ യദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം എന്നാണ് ഭാഗവതം മഹാപുരുഷ എന്ന് ശ്രീശുഖൻ വിളിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന രാമനെ കണ്ടു ഭരതൻ ചെന്ന് നമസ്കരിച്ച് പറയുമ്പോ രാമൻ പറഞ്ഞു നോക്കൂ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ ഒതുക്കു മിഥ്യയാണ് ഈ അയോധ്യാപുരിയൊക്കെ വെറുതെ തോന്നുകയാണ് ഇതൊക്കെ ഇന്നിരിക്കുന്ന ആളെ മറഞ്ഞു പോകും ഈ കാണുന്ന രാജ്യം ഇതൊന്നും സത്യമല്ല ഈ ജനങ്ങള് നമ്മള് രാജാവായ നാളെ ഒക്കെ സന്തോഷിക്കും നീ രാജാവായ നാളെ കുറച്ച് സന്തോഷിക്കും കുറച്ചു ദിവസം എന്നെ പുകഴ്ത്തും കുറച്ച് കഴിഞ്ഞാൽ എന്നെ നിന്ദിക്കും എന്നെ പുകഴ്ത്തും ഇവർക്ക് ഇത്രേ ഉള്ളൂ നന്ദന്തി ഉദിത ആദിത്യേ നന്ദന്തി അസ്തമിത്തെ രവം രണ്ടുപേർ കൂടി ചേരുമ്പോ ഒരേ അറ്റാച്ച്മെന്റ് ആയിരിക്കും പിരിഞ്ഞു പോകുമ്പോൾ കരയും പിന്നെ മറന്നുപോകും ഇത്രയേ ഉള്ളൂ മനുഷ്യനുള്ള സംബന്ധം എന്നൊക്കെ പറഞ്ഞ് ഭരതനെ ഉപദേശിക്കുമ്പോ ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു അങ്ങ് മരണവുമായിട്ട് ജീവിക്കുന്നവനാണ് അതാണ് വാക്ക് രാമായണത്തിലെ ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ അടുത്ത് വെച്ച് ഈ ശ്ലോകം അടുത്തു വെച്ചാൽ തുല്യമായിട്ട് നിൽക്കും ഒറ്റ ശ്ലോകം മതി രാമനോട് ഭരതൻ പറയണത് മരണത്തിനെയും ജീവിതത്തിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഉള്ള കൗശലമുള്ളവനാണ് അങ്ങ് അതുകൊണ്ട് അങ്ങക്കിത് പറയാമെന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങടായിട്ടില്ല യഥാ മൃത ജീവൻ യഥാ സതി തഥാ അസതി യേശബുദ്ധി ലാഭ ഈ ആത്മജ്ഞാനം ആർക്കുണ്ടോ പരിതപ്പ്യതക്കേന സഹാ അവൻ പിന്നെ എന്തിനെ കണ്ട് വേദനിക്കും എന്തിനെ കണ്ട് വിഷമിക്കും അവനൊരു വിഷമവും വേദനയും പ്രപഞ്ചം ശരി ഇല്ലെങ്കിലും ശരി അസ്തമിച്ചു പോയാലും ശരി സംഹാരം ചെയ്താലും ശരി അയാൾക്കൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാൻ അത്രയ്ക്കങ്ങടെ ആയിട്ടില്ലല്ലോ എനിക്കത് സാധ്യമല്ലല്ലോ എന്നാണ് ഭരതൻ പറയണത് അതായത് ജീവിതത്തില് ഇരിക്കുമ്പോ തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണം മരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന മരണമല്ല അസത്യമായിട്ടുള്ളതിനു മുഴുവൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് മാച്ചുകളയാണ്